അങ്ങനെ നമ്മുടെ നിരീക്ഷണത്തിലും വെളിപാടിലും ഒരു കപ്പൽ നിർമ്മിക്കാൻ നാം അദ്ദേഹത്തിന് ദിവ്യസന്ദേശം നൽകി നമ്മുടെ കൽപ്പന വരികയും അടുപ്പ് തിളച്ചു മറിയുകയും ചെയ്യുമ്പോൾ എല്ലാ ജീവികളിൽ നിന്നും രണ്ട് ജോഡികളെയും നിന്റെ കുടുംബത്തെയും അതിൽ കയറ്റുക എന്നാൽ അവർക്കിടയിൽ നേരത്തെ വിധി തീരുമാനിക്കപ്പെട്ടവരൊഴികെ അക്രമികളായവരെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത് തീർച്ചയായും അവർ മുങ്ങിമരിക്കേണ്ടവരാണ്